അള്ളാഹുസുബഹാനഹുവ ചാല പറഞ്ഞു ഓ ആദമ അലഹിസലാം നീ അവർക്കിവരുടെ പേരുകൾ പറഞ്ഞുകൊടുക്കുക അദ്ദേഹം അവർക്ക് പേരുകൾ പറഞ്ഞുകൊടുത്തപ്പോൾ അള്ളാഹുസുബാനഹുവചാല പറഞ്ഞു ആകാശങ്ങളുടെയും ഭൂമിയുടെയും അദൃശ്യമായ കാര്യങ്ങൾ ഞാൻ അറിയുന്നുണ്ടെന്നും നിങ്ങൾ പ്രകടിപ്പിക്കുന്നതും നിങ്ങൾ മറച്ചുവെക്കുന്നതും ഞാൻ അറിയുന്നുണ്ടെന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ